ഇത് അപ്രാപ്തമായിരിക്കുമ്പോൾ വല്ലാത്ത താല്പര്യമാണ് നിങ്ങൾ ഏതും നോക്കിയാൽ മതി ഷോറൂമിലിരിക്കുമ്പോൾ ഒരു വസ്തു കണ്ടാൽ അത് മേടിക്കാൻ എന്തൊരു ത്വരയാണ് എത്ര പണമാണ് മുടക്കുന്നത് എത്ര പ്രാവശ്യം അവിടെ കറിച്ച് വില ചൊവിക്കുന്നത് അത് മേടിച്ച് വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ തീർന്നു നിങ്ങളുടെ വാഹനമൊക്കെ നോക്കിയാൽ മതി താഴെക്കിടപ്പുണ്ട് നിരന്ന് അത് കണ്ടാൽ നിങ്ങൾ തന്നെ കുളിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നും മറിച്ച് ആദ്യം ആ പ്രാപിക്കുന്ന ആദ്യ ദിവസം നിങ്ങളതിനെ കുളിപ്പിക്കുന്ന കണ്ടാൽ മതി കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന പോലെ കുളിപ്പിക്കും സ്വന്തമാണെന്ന ലൈസൻസ് വന്നാൽ താല്പര്യം തീർന്നു അതുവരെയുള്ള തള്ളലൊക്കെ ഉള്ളു കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ നീ ഇല്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ പോലെയാണെന്നും ചൊറിച്ചിലില്ലാത്ത ചേന പോലെയാണെന്നും ഒക്കെ മറ്റേ ഓട്ടോഗ്രാഫിൽ എഴുതി കണ്ടും ചിരിച്ചും കളിച്ചും ഉളിഞ്ഞു നോക്കിയൊക്കെ ഇതിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഇതിനേയും കാണണ്ട ഇതിനെ നിന്നെയും കാണണ്ട ശരിയല്ല പിന്നെ കണ്ടു കഴിഞ്ഞാൽ വഴക്കാണ് പണ്ട് കാണുമ്പോൾ ഒരുപാട് മനോഹര സ്വപ്നങ്ങളൊക്കെ പറഞ്ഞതാണ് ഈ സ്വപ്നമൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ട് കഴിഞ്ഞാൽ ദിവസത്തിൽ നാല് നേരം അടിയാണ് പിന്നെ ഇവൻ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വീട്ടിലെത്തുള്ളൂ കാരണം വെച്ചാൽ ഈ ദുർമുഖം ഒന്ന് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു അതിന് പിന്നെ ഭക്തയുടെ വഴി മറ്റു വഴികളൊക്കെ തുടങ്ങും ഇവളാണെങ്കിൽ വല്ല സത്രത്തിനൊക്കെ പോയി അവിടെ കൂടും ഈ വയ്യാവേലിയെ ഇനി കാണണ്ടല്ലോ ഇതിന് കാരണം ഞാൻ നിങ്ങളുടെ കാര്യം തന്നെയല്ല പറഞ്ഞത് എന്നാലും നിങ്ങളുടെ കാര്യമില്ലെന്ന് പറയാൻ വയ്യ അപ്പോൾ അപ്രാപ്തം ഒന്ന് പ്രാപിച്ചാൽ പ്രാപിക്കാത്തതിനെർത്തുള്ള വേവലാതിയാണ് അപ്രാപ്തത്തിലാണ് മനുഷ്യൻ്റെ സുഖം അതാണ് ഈ ലോകം അങ്ങനെയുള്ള ഈ ലോകത്തിൽ കേഴാനല്ലാതെ എപ്പോഴാണ് സമയം വസ്ത്രമ്മേ കാഞ്ചനമ്മേ മേ മേ കുർവാണം കാലവൃഗോഹന്തി പുരുഷാജം എന്ന് ഭർത്തൃഹരിയോ മറ്റു പറയും മേ മേ എന്ന് കരയുന്നതാരാ ആട് ആരാ ആട് ആരാണ് വസ്ത്രം മേ കാഞ്ചനം മേ ഭർത്തൃഹരി കൊള്ളാം അല്ലേ ഏ ഈ ആടാ കരയുന്നത് വസ്ത്രം മേ കാഞ്ചനം മേ മേ ഇങ്ങനെ മേ മേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കാലമാകുന്ന കടുവ ഈ പുരുഷനാകുന്ന ആടിനെ അങ്ങ് തിന്നും ഈ കരച്ചിലടയാൽ അപ്പോൾ ഈ കരച്ചിലായി ലോകം അതാണ് ഇതിൽ കിടന്ന് ഈ ലോകത്തിൽ കിടന്ന് കേണുവാണ് കരഞ്ഞ് കരഞ്ഞ് എന്നെങ്കിലും കരച്ചിൽ തരുമോ ഒട്ടേറെ പരിദേവനങ്ങളാണ് പ്രൗഢം ഫണ്ട് ഗ്രാറ്റിവിറ്റി ശമ്പളം കിമ്പളം പെൻഷൻ ആ പെൻഷൻ തടഞ്ഞു വെച്ച പേപ്പറുകൾ അല്ലേ ഭാര്യ പിള്ളേർ ആശ്രമം സന്യാസം എന്ന് വേണ്ട ഏത് ചെന്നാലും കരച്ചില്ല ഇപ്പോൾ കൂടുതൽ കരയുന്നത് മൂന്ന് ദിവസമായി അല്ലെങ്കിൽ ഏഴ് ദിവസമായി ഏഴ് ദിവസം ഇപ്പോഴത്തെ കാലത്തൊരു പോയാൽ ഏഴു ദിവസം ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ച് കിട്ടും ഞാനവിടെ പോയി ഏഴ് ദിവസം താമസിച്ച് പഠിപ്പിച്ചു അവസാനം തോന്നുന്നു ദക്ഷിണ ഇത്രയാണ് ഇതിൻ്റെ കരച്ചിലാണ് എന്തൊരു കരച്ചിലാന്നറിയാ ഇതിനിടയിലോ അവർ കൊണ്ടുവിട്ട വണ്ടി ഒരു വൃത്തിയുള്ളതായിരുന്നില്ല സ്റ്റാൻഡാർഡിൽ ചേർന്നിരുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള കരച്ചിൽ ഞങ്ങൾക്ക് പോലും ഉണ്ട് ഞങ്ങൾ കരയുന്നു എന്നു പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടെന്നാണ് അതുകൊണ്ട് ഞങ്ങൾ കരയുന്നവരാണെന്ന് എടുത്ത് ചിരിക്കുകയൊന്നും വേണ്ട കാരണം അപ്പം കോലെ കുത്തിവെച്ചാൽ കോല എഴുതിന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ കാര്യം ഏ പറയാനില്ലെന്നാണ് ദണ്ഡാഭൂപന്യായം സർവസംഘ കാര്യം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവൻ്റെ കാര്യം പറയണമെന്ന് ആലോചിച്ചോണം അത്ര കഷ്ടമാണ് അങ്ങനെ കേണുവാഴുകയാണുള്ളത് അപ്പൊ ഇതിൽ കിടന്ന ഇതിൽ ഇത് എന്ന് പറയുന്ന ഈ ലോകത്തിൽ ഇതം ജഗത് ആ ജഗത്തിൽ കേണുവാണ് നാൾ കഴിഞ്ഞിടുന്നിനി കേണുവാണു ദിവസം കഴിയുക ആ എനിക്ക് ഇതിൽ പരം സദാ കരഞ്ഞ് കരഞ്ഞ് നാൾ കഴിഞ്ഞിടുന്ന ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇനിക്ക് ഈയുള്ളവൻ ഇനിക്ക് എനിക്കെന്നല്ല അവിടെ പ്രയോഗം ഇനിക്ക് പഴയ പ്രയോഗം ഞാൻ പോയി ഞാനവിടെ പോയി എന്ന് പറയുന്നത് പോയിനി വന്നിനി പഴയ പ്രയോഗം ഇപ്പോഴുണ്ട് വടക്കൻ കേരളത്തിൽ തക്കില്ല മനോരമ വായിച്ചു വായിച്ച് ഈ ഭാഷയൊന്നും നിൽക്കില്ല മറ്റേ പഴയ ഭാഷയുണ്ട് ചാരുവായ പോയിനി വന്നിനി കീഞ്ഞു കിഞ്ഞു എന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഉണ്ടോ ഏ ആ അവൻ കീഞ്ഞു എന്ന് പറയും അപ്പം അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട് വളരെ ചാരുവായ പ്രയോഗങ്ങളാണ് ഭാഷയിലെ ഇപ്പം ഇനി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരർത്ഥമുണ്ട് ഇനിക്ക് എനിക്ക് ഈ ഉള്ളതന്നെ നനക്കിൽ ആലോചിച്ചാൽ ഇതിൽ പരം ഇതിൽ കവിഞ്ഞ് ഇതിനപ്പുറം എന്ത് സങ്കടം വരാൻ ഈ ലോകത്തിൽ കിടന്ന് ഈ അനുഭവിച്ച ക്ലേശമൊക്കെ മതി ആദിഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആദി ദൈവികങ്ങളുമായി വന്നു ചേർന്ന ഈ ക്ലേശ സഹസ്രങ്ങൾ മതി ഞാൻ ഉണ്ടാക്കിയവയും ക്ലേശങ്ങൾ മതി അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല ജീവസൃഷ്ടി വൈചിത്രം കൊണ്ടുവന്ന ക്ലേശങ്ങൾ വളരെ കൂടുതലാണ് അതറിവുകൊണ്ട് മാത്രമേ ഇല്ലാതാവുള്ളൂ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മകൾ എൻ്റെ സഹോദരി എൻ്റെ സഹോദരൻ അതൊക്കെ ജീവസൃഷ്ടിയാണ് എൻ്റെ വീട് എൻ്റെ കൊട ഇതെല്ലാം ജീവസൃഷ്ടിയാ ഈശ്വര സൃഷ്ടിയിൽ അങ്ങനത്തെ ഭേദമൊന്നുമില്ല ആ ജീവസൃഷ്ടിയിൽ വരുന്ന വൈചിത്രം കൊണ്ടുണ്ടാകുന്ന ദുഃഖം ജീവസൃഷ്ടിപരമായ ദുഃഖം അത് അറിവ് വരണം എങ്കിലേ പോവും ഈശ്വര സൃഷ്ടിയിലും ദുഃഖമുണ്ട് ചൂട് തണുപ്പ് അത് തിഷ കൊണ്ടാണ് മാറുക അതിനൊരു വഴിയേ ഉള്ളൂ ചൂട് വരുമ്പോൾ നല്ലപോലെ സഹിക്കാൻ പഠിക്കണം എത്ര ചൂട് സഹിക്കുന്നു അത്രയും തണുപ്പ് സഹിക്കാം അതുകൊണ്ടാണ് ഈ വടക്കേണ്ടിയിലെ തണുപ്പത്തേക്കൊക്കെ ചെന്നാൽ അവിടെയുള്ള സ്വാമിമാർ ഉടനെ നങ്കയാകാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ ഉടനെ രജോയി പുതയ്ക്കാൻ അവർ ശ്രമിക്കില്ല അഴിച്ചം കളഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് മാറി അപ്പോൾ പോകുന്നത് നമ്മൾ വിചാരിക്കും എങ്ങനെ ഇതിനകത്തൂടെ ഈ ഒന്നും ഉടുക്കാതെ ഇങ്ങനെ അടങ്ങുന്നത് ഇത്ര വഴിയേ ഉള്ളൂ അതിനെയങ്ങ് സഹിച്ചു കാണുമ്പോൾ തണുപ്പ് മാറി അവരുടെ കാലിനൊന്നും ഐസ് ബൈറ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ ഷൂ ഊരാതെ സോക്സ് അഴിക്കാതെ അങ്ങിരിക്കും കുറേ കഴിയുമ്പോൾ ഇത് കളയേണ്ടി വരും തണുപ്പ് പ്രദേശങ്ങളിലെത്തിയാൽ അവരാണെങ്കിൽ ആത്മ ജ്ഞാനമാകുന്ന പീയൂഷം കഴിച്ചാൽ ചൂടാക്കുന്ന നമ്മളാണ് രണ്ടിലാർജ് അടിച്ചിട്ടാണ് ഹിമാലയത്തിൻ്റെ ഉച്ചയിലൊക്കെ രണ്ടിലാർജ് അടിച്ചാലൊന്നും ആവില്ല കാരണം അത്രയും തണുപ്പാണ് ഇവനെ മൂടി ചൂട് പിടിച്ചു വരുമ്പോഴേക്ക് ഈ സാധനങ്ങാവിയായി പോകും അത്രയും തണുപ്പാണ് ആ തണുപ്പിനകത്താണ് ഇവർ നങ്കയായിട്ട് നടക്കുന്നത് അതിൻ്റെ കാരണം അത് സഹിക്കുകയാണ് ഈശ്വര സൃഷ്ടമായവയെ സഹിക്കുക ജീവസൃഷ്ടമായതിനെ അറിഞ്ഞ് ഉല്ലംഘിക്കുക ഇതുവഴി അത് രണ്ടും ചെയ്തില്ലെങ്കിലോ ഈ പ്രപഞ്ചത്തിൽ കേണുവാണ് കഴിയുക അങ്ങനെ കേണുവാണ് അതെല്ലാം ഓർത്തണം എല്ലാ ദുഃഖവും ദുഃഖങ്ങൾ ഒട്ടേറെയാണ് ജന്മദുഃഖം ജരാദുഃഖം ദുഃഖം ദുഃഖം പുന പുന ഇതിനോരോ അതിർത്തിയില്ല ഒന്ന് മാറിയാൽ അടുത്ത ഒരു ദുഃഖം പരിഹരിക്കാനാണ് പോകുന്നത് പഠിച്ചാൽ എളുപ്പമുണ്ട് മൂത്രത്തിൽ ഒരല്പം പഞ്ചസാര അല്പം സഹിച്ചിട്ട് മര്യാദക്ക് ശാലും ഭക്ഷണവും കഴിച്ചിട്ട് കുഴപ്പമില്ല അതിന് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെ കഴിക്കും കുറച്ച് കഴിയുമ്പോൾ കാല് പെരുക്കാൻ തുടങ്ങും ഇപ്പോൾ ഡയബറ്റിക്ക് ന്യൂറോപ്പതി ആയി കുറേ മരുന്നും കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഡയബറ്റിക് അഫ്രോപ്പതി ആയി കുറേ കഴിഞ്ഞ് അങ്കവയ്യലൊക്കെ വന്നിരിക്കും ഇപ്പം പഴയത് സഹിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും പ്രയോജനമില്ല ഇതാണ് പഴയ ആളുകൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ഒരു വേദന അല്പം പോലും സഹിക്കാൻ പറ്റില്ല ചെറിയൊരു പനി സഹിക്കാൻ പറ്റില്ല കഴിക്കും കയ്യെ മുഴുവൻ നീരാവും അന്ന് കഷ്ടിച്ച് സഹിക്കായിരുന്നു ഇനിയിപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല നാലെണ്ണം കൂടെ കഴിക്കും ചുക്കുൻ കുനിയൊക്കെ ഇരിക്കുന്ന കാണാൻ ചില ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഒരു കൈക്കേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ വന്ന് കയ്യൽ തടവി തന്നപ്പോൾ ഇങ്ങനെ കയ്യാലും കൂടായി അതുകൊണ്ട് എത്ര സഹിക്കുന്നുവോ അത്രയും ശക്തമാവും അതാണ് ഈശ്വര സൃഷ്ടിയുടെ നില എത്ര ജീവസൃഷ്ടി ഉണ്ടാക്കുന്നുവോ അത്രയും പതിക്കും അതിന് ജീവസൃഷ്ടിയെ അറിയണം അങ്ങനെയുള്ള ഈ ഉള്ളവന് നനക്കിൽ ആലോചിച്ചാൽ ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ വരാൻ ഇതൊക്കെ പോരെ ഈ പ്രപഞ്ച ജീവിതം മതി ഇത് ധാരാളമാണ് മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മതിക്കൊഴുന്ന മതി ചന്ദ്രൻ കൊഴുന്നു ചന്ദ്രക്കല ചന്ദ്രക്കലാധരനായ മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മനവ ചന്ദ്രക്കലയെ കിരീടമായി ധരിക്കുന്ന അല്ലയോ രാജാവേ ഏ രാജൻ മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മനവ എന്തൊരു പ്രയോഗമായിരുന്നു കവിതയിൽ കവിതാങ്കനെ വീണ് കിടക്കുന്ന പ്രയോഗങ്ങളാണ് അതോ അതിൻ്റെ ഒഴുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ ചന്ദ്രാക്കലാധരനായ ഹേ രാജൻ പ്രഭോ കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം മുമ്പിൽ അങ്ങയെ മുമ്പിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എൻ്റെ ബുദ്ധിയാകുന്ന കലശം എൻ്റെ ബുദ്ധിയാകുന്ന കുടം മതിക്കുടം അവിടെ നേരത്തതിൽ മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മുൻമതിക്കുടം ആ പ്രയോഗങ്ങളുടെ ചാരുത നിങ്ങൾ സാഹിത്യം പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമാണ് അത് ഇതിലെ ഭക്തിയുടെയും വേദാന്തത്തിൻ്റെയല്ല സാഹിത്യം സഹിതത്വമാണ് ജീവപരയോരൈക്യം സഹൃദയ ഹൃദയാഹ്ലാദമെന്ന് ആനന്ദവർധനൻ അതിനൊക്കെ മുമ്പ് തന്നെ ഭാരതീയർ ആനന്ദവർധനനും വളരെ മുമ്പ് തന്നെ സഹിതത്വമാണ് സാഹിത്യമെന്ന് സഹിതോഭവ ഇതി സാഹിത്യ സഹിതമായി ഭവിക്കുന്നത് സാഹിത്യം എന്തിനോടുള്ള സഹിതത്വം ഈശ്വരനോടുള്ള സഹിതത്വം അതുകൊണ്ടാണ് ചാരുവായിരുന്നത് വിഷയങ്ങളോടല്ല വിഷയത്തിൽ സാഹിത്യമില്ല ബന്ധമേ ഉള്ളൂ ആ നിലയിൽ ഗംഭീരമാണത് പ്രഭോ കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം മുൻപിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന ബുദ്ധിയാകുന്ന കലശം കുടം കവിഞ്ഞു പായുമാറ് നിറഞ്ഞു വഴിയുമാറ് നിറഞ്ഞ് കവിയുമാറ് എൻ്റെ ബുദ്ധി നിറഞ്ഞ് കവിയുമാറ് നീ അവിടുന്ന് ചൂടിയാടൂ എൻ്റെ ബുദ്ധിയാകുന്ന കലശമെടുത്ത് നീ ഒന്ന് താണ്ഡവമാടൂ നിൻ്റെ താണ്ടവം കഴിയുമ്പോൾ എൻ്റെ ബുദ്ധി നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക നല്ലൊരു കൽപ്പനയാണ് എൻ്റെ ബുദ്ധി എൻ്റെ കയ്യിലിരുന്നിട്ട് കിഞ്ചിജ്ഞനായി ഒതുങ്ങിപ്പോവാണ് നീയൊന്ന് എടുത്ത് ചൂടിയാടിയാൽ എൻ്റെ ബുദ്ധിയാകുന്ന കലശമേന്തി നീയൊന്ന് നൃത്തം വച്ചാൽ അത് കവിഞ്ഞൊഴുകും നല്ല വളരെ സർവത്ര ഭഗവാനുണ്ടായിരുന്നിട്ടും സർവവ്യാപിയായിട്ടും അറിയാതെ ജഡമയമായി സംസാര ബന്ധത്തിൽ അകപ്പെട്ട് സർവത്ര സർവത സദാ ദുഃഖം കൊണ്ട് കരഞ്ഞ് ആയുസുതീർക്കുന്ന ഈ ഉള്ളവനെ ആലോചിച്ചാൽ ഇനി എന്ത് സങ്കട വരാനുള്ളത് ഇതിലപ്പുറം ഇനി സങ്കടം വരാനില്ല ചന്ദ്രകലാധരനായ പ്രഭു മുൻപേ അങ്ങയെ കാത്തു നിൽക്കുന്ന ബുദ്ധി അതാകുന്ന കലശം നിറഞ്ഞൊഴുകുമാർ അവിടുന്ന് കാരുണ്യപൂർവം ധരിച്ച് നൃത്തം ചെയ്യണമേ ഭക്തി ഭഗവാൻകൾ സായുജ്യമാകുന്ന തലമാ ശ്ലോകത്തിലുണ്ട് ശങ്കരൻ പറയും മോക്ഷകാരണ സാമഗ്രിയം ഭക്തിരേവഗരീയസി എൻ്റെ ബുദ്ധിയിൽ അങ്ങ് നൃത്തം ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങ് താണ്ഡവമാടണം എന്ന് പറയുമ്പോൾ ആ ബുദ്ധി വഴിഞ്ഞൊഴുകുന്നത് നവരസങ്ങളോടുകൂടി ആ നടൻ നൃത്തം ചെയ്യുമ്പോഴാണ് ഏത് നടൻ ഭൈരവനും ഭൈരവിയും അത് താന്ത്രിക സങ്കല്പത്തിൽ വലുതാണ് ഓർമ്മ വരുമെങ്കിൽ ശങ്കരൻ്റെ സൗന്ദര്യലഹരി ഇത് കാണാം താണ്ഡവവും ലാസ്യവും അതിലുണ്ടാകുന്ന നവരസങ്ങളും വർണിതമാണ് എന്റെ കലശമെടുത്ത് നീ താണ്ഡവമാടുമ്പോഴുണ്ടാകുന്ന എൻ്റെ ബുദ്ധിയെ ഭഗവത് അർപ്പിതമാക്കുന്ന അന്തർമുഖമാക്കി നിന്നെ നിറയ്ക്കുന്ന ആത്മാനുഭവം നിറയ്ക്കുന്ന സവികല്പ സമാധ്യ ബുദ്ധിവിഷയങ്ങളിൽ നിന്ന് വിട്ട് ഭഗവതർപ്പിതമാകുന്ന ഒരവസ്ഥ സമാധിയുടെ പല അവസ്ഥയുണ്ട് അതിൽ സവികൽപ്പിതം തൻ്റെ കൽപ്പനകളെ വിട്ട് ഭഗവത് കല്പിതമാകുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധബോധം എല്ലാം അതാണ് എന്നറിയുന്ന അവസ്ഥ അവിടെ പിന്നെ വരൂട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആത്മനിവേദനം കഴിഞ്ഞ് ഉയരുന്ന അവസ്ഥ ഹേ ഭഗവാൻ നീ വിചാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആ ആത്മ നിവേദനത്തിൽ മനസ്സ് അതിലെ കൽപ്പനകൾ ഇവയൊക്കെ വിട്ട് നിശ്ചയാത്മികയായ ബുദ്ധിയിലൂടെ നീ നിറഞ്ഞു നിൽക്കണം എൻ്റെ ബുദ്ധിയാകുന്ന കലശം നീ ചൂടിയാടണം ആ ചൂടിയാടുക പ്രയോഗവും പ്രാചീനമാണ് പ്രാക് പ്രയോഗമാണ് ചൂടിയാടുക എന്ന് പറയുമ്പോൾ കലശം ചൂടിയാടുന്നത് മറ്റു ബോധമില്ലാതെ ഏകബോധത്തിൽ മാത്രമാണ് കലശത്തിൽ ബോധമുണ്ടായാൽ ചൂടിയാടാനാവില്ല മനസ്സിലായില്ല അത് പിടിയിട്ടില്ല കലശവും തലേ ചൂടി ആടിയിട്ടുണ്ടോ ഇല്ല ആടുന്ന കണ്ടിട്ടുണ്ടോ അതുമില്ല ഏ കണ്ടിട്ടുണ്ട് നമ്മൾ ചൂടിയാടിയാൽ കലശത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുകറിയും അവനാടുമ്പോൾ കലശത്തെക്കുറിച്ചുള്ള യാതൊരു ബോധവും അവൻ ഭക്തിയുടെ ഒരു അക്ഷാംശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ കലശ അവിടെ ഇരുന്നോളൂ ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട് നിങ്ങളത് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു സ്വാമി പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ സ്വാമിമാരോട് അങ്ങനെയൊന്നും ചോദിക്കരുതല്ലോ എന്ന് വിചാരിച്ചാണ് ലൗകിക കർമ്മങ്ങളിൽ ആലോചന വേണ്ട എന്നാണ് സ്വാമി പറഞ്ഞത് അത് ശരിയാകുമെന്നില്ല നമുക്കറിയാം ഇല്ലേ അങ്ങനല്ലേ വിജയിക്കു പറഞ്ഞു വരുന്ന കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം അവനത് ചൂടിയാടുമ്പോൾ അവൻ ചെയ്യുന്ന ആ കർമ്മത്തിൽ അവൻ ആലോചനയില്ലെങ്കിൽ ആ കലശം അനങ്ങ് അവൻ എങ്ങനെയൊക്കെ ചാടുന്നോ അതുപോലൊക്കെ കലശം പോവും അതിൽ രസകരമായ വസ്തുത അവനൊന്ന് ചാടിയിട്ട് നിന്നാൽ ആ കലശം അവൻ്റെ വേഗതയിൽ മുകളിലോട്ട് പോയി കൃത്യമായി അവിടെ തന്നെ ഇരിക്കും ആ കലശത്തിൽ അവൻ്റെ മനസ്സ് എന്നാൽ അത് നേരെ തലയിൽ വന്ന് തട്ടും മറിയും എല്ലാം താഴെ പോവും കലശം കരകമൊക്കെ ആടുന്നവരെ കണ്ടിട്ടില്ല അവർ രണ്ട് കലശയിട്ട് അമ്മാനാടും ഒരു കലശം തലയിലുണ്ടാവും നിലത്തൂടെ ഇഴയും കവന്ന് പൈസ ശരിയല്ല കണ്ടിട്ടില്ല അവർ കമന്നു പൈസ എടുക്കുമ്പം കലശത്തെ പിടിക്കുന്നില്ല കലശം അവരുടെ തലയിൽ കൂടെ നിരങ്ങി പുറകിലേക്ക് പോവും നിങ്ങളിരുന്ന് വളരെ വിഷമിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യും കാരണം ഈ കലശം തന്നെത്തൻ നടന്ന് പുറകോട്ട് പോവുകയാണ് അവർ പൈസ കടിച്ചെടുത്ത് എഴുന്നേറ്റുവരുമ്പോൾ കലശം നടന്ന് മുമ്പിലോട്ട് വരും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഏ ആ ഇവിടെയൊക്കെ കണ്ട് ഈ കരകാട്ടം എന്ന് പറയും തമിഴ്നാട്ടിൽ നിന്ന് ചില പെൺകുട്ടികൾ വന്ന് കണ്ടിട്ടില്ല ഏ ആ ഇവിടെയുണ്ട് കണ്ടിട്ടുണ്ട് ആ എങ്ങനെയാണ് അവരാടുന്നേ ഏ അത് പിന്നെ അവർ സൈക്കിളിലെങ്കിലും ശ്രദ്ധിക്കും ഇതല്ല ഇതവരാ ഭഗവാനിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ ഒരു ആ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അവരാ ഒരിടത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളവനായി ജീവിതത്തിൽ വിജയിക്കുന്ന മുഴുവൻ എൻ്റെ കലശം നീ ചൂടിയാടിയാൽ നീയാണ് ആടുന്നത് ഞാനാണ് ആടുന്നതെന്ന് ഓർത്താൽ എൻ്റെ മിടുക്കത്രക്ക് ഗേമോ അല്ല താഴെ പോകും ഞാനാണ് പറയാൻ പോകുന്നത് ഞാനാണ് കേൾക്കാൻ പോകുന്നത് ഞാനാണ് ഈ കർമ്മം ചെയ്യാൻ പോകുന്നത് തുടങ്ങിയതിലെല്ലാം കിഞ്ചിജ്ഞനെ ഏൽപ്പിച്ചാൽ എല്ലാം പൊളിയും കാരണം അവൻ കിഞ്ചിജ്ഞനാണ് അതുകൊണ്ട് എൻ്റെ ബുദ്ധിയാകുന്ന കുടം മന്മതിക്കുടം നീ ചൂടിയാട് ഞാനല്ല ആടണ്ടത് നീയാണ് ആടണ്ടത് നീ ആടിയാൽ ഞാൻ ആനന്ദിക്കും ഞാൻ ഇതുവരെ ആടിയതാണ് ഈ ജഗത്തിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ അത്രയും ഇതാരാ ചെയ്തേ ഞാനാ ചെയ്തേ ദുഃഖം ഇതോ അതും ഞാൻ തന്നെയാണ് ഞാൻ ജന്മജന്മാന്തരങ്ങളുടെ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം നിത്യദുഃഖത്തിൻ്റെ വരുമ്പോൾ ഇതുവരെ ഞാൻ ചൂടിയാടിയത് നിർത്തി എൻ്റെ മതിക്കൂടം നീയൊന്ന് ചൂടിയാട് അല്ലയോ ചന്ദ്രകലാധരനായ മന്നവാ നിൻ്റെ മുൻപിൽ നിന്നെയും കാത്തു നിൽക്കുന്ന എൻ്റെ ഈ ബുദ്ധി ആകുന്ന കലശം നീയൊന്ന് ചൂടിയാടുന്നതോടുകൂടി അത് നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക നല്ല ബിംബമാണ്